അവർക്കു മുമ്പ് നോഹരഹിസലാമിന്റെ ജനതയും അതിനുശേഷം വിവിധ സംഘങ്ങളും സത്യനിഷേധം കാണിച്ചു ഓരോ സമൂഹവും തങ്ങളുടെ ദൂതനെ പിടികൂടാൻ ശ്രമിച്ചു സത്യത്തെ ഇല്ലാതാക്കാൻ അവർ അസത്യം ഉപയോഗിച്ച് തർക്കിച്ചു അങ്ങനെ ഞാൻ അവരെ പിടികൂടി എന്റെ ശിക്ഷ എങ്ങനെയുള്ളതായിരുന്നു